അവർ പറഞ്ഞു അതിൽ നിന്ന് ഞങ്ങൾക്ക് ഭക്ഷിക്കാനും ഞങ്ങളുടെ ഹൃദയങ്ങൾ ശാന്തമാകാനും നിങ്ങൾ ഞങ്ങളോട് സത്യം പറഞ്ഞുവെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടാനും അതിന് ഞങ്ങൾ സാക്ഷികളാകാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു